അധ്യായം എട്ട് ആ കാലത്ത് അവർ യഹൂദ രാജാക്കന്മാരുടെ അസ്ഥികളെയും പ്രഭുക്കന്മാരുടെ അസ്ഥികളെയും പുരോഹിതന്മാരുടെ അസ്ഥികളെയും പ്രവാചകന്മാരുടെ അസ്ഥികളെയും യരിശിലെ നിവാസികളുടെ അസ്ഥികളെയും ശവക്കുഴികളിൽ നിന്ന് എടുത്തു തങ്ങൾ സ്നേഹിച്ചതും സേവിച്ചതും പിഞ്ചെന്ന് അന്വേഷിച്ചതും നമസ്കരിച്ചതുമായ സൂര്യനും ചന്ദ്രനും ആകാശത്തിലെ സർവസൈന്യത്തിനും മുമ്പാകെ അവയെ നിരത്തിവെക്കും ആരുമവയെ പെറുക്കിക്കൂട്ടുകയോ കുഴിച്ചിടുകയോ ചെയ്യുകയില്ല അവ നിലത്തിന് വളമായിത്തീരുമെന്ന് യഹോവയുടെ അരുളപ്പാട് ഈ ദുഷ്ടവംശങ്ങളിൽ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പൊക്കെയും ഞാൻ അവരെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല സ്ഥലങ്ങളിലും ശേഷിച്ചിരിക്കുന്നവർ തന്നെ ജീവനെയല്ല മരണത്തെ തിരഞ്ഞെടുക്കുമെന്ന് സൈന്യങ്ങളുടെ ഹോവിയുടെ അരുളപ്പാട് നീ അവരോട് പറയേണ്ടത് എന്തെന്നാൽ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു ഒരുത്തൻ വീണാൽ എഴുന്നേൽക്കയില്ലയോ ഒരുത്തൻ വഴിതെറ്റിപ്പോയാൽ മടങ്ങി വരികയില്ലയോ എരുശില്ലെമിലെ ഈ ജനമോ ഇടവിടാത്ത പിന്മാറ്റമായി പിന്മാറിയിരിക്കുന്നതും വഞ്ചന മുറുകെ പിടിച്ചുകൊണ്ട് മടങ്ങിവരുവാൻ മനസ്സില്ലാതിരിക്കുന്നതും എന്ത് ഞാൻ ശ്രദ്ധ വെച്ച് കേട്ടു അവർ നേരെ സംസാരിച്ചില്ല അയ്യോ ഞാൻ എന്തു ചെയ്തു പോയി എന്ന് പറഞ്ഞ് ആരും തന്റെ ദുഷ്ടതയെക്കുറിച്ച് അനുതപിച്ചില്ല കുതിര പടയ്ക്ക് പായുന്നതുപോലെ ഓരോരുത്തൻ താന്താന്റെ വഴിക്ക് തിരിയുന്നു ആകാശത്തിലെ പെരിഞ്ഞാറ തന്റെ കാലം അറിയുന്നു കുറുപ്രാവും മീവൽപക്ഷിയും കൊക്കും മടങ്ങിവരവിനുള്ള സമയം അനുസരിക്കുന്നു എന്റെ ജനമോ യഹോവിയുടെ ന്യായം അറിയുന്നില്ല ഞങ്ങൾ ജ്ഞാനികൾ യഹോവിയുടെ ന്യായ പ്രമാണം ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് നിങ്ങൾ പറയുന്നത് എങ്ങനെ ശാസ്ത്രിമാരുടെ കള്ളയെഴുത്തുകോൾ അതിനെ വ്യാജമാക്കി തീർത്തിരിക്കുന്നു ജ്ഞാനികൾ ലജ്ജിച്ച് ഭ്രമിച്ച് പിടിപെട്ടു പോകും അവർ യഹോവിയുടെ വചനം ധിക്കരിച്ചു കളഞ്ഞുവല്ലോ അവർക്ക് എന്തോരു ജ്ഞാനമുള്ളൂ അതുകൊണ്ട് ഞാൻ അവരുടെ ഭാര്യമാരെ അന്യന്മാർക്കും അവരുടെ നിലങ്ങളെ അവയെ കൈവശമാക്കുന്നവർക്കും കൊടുക്കും അവരൊക്കെയും ആബാലവൃദ്ധം ്രവ്യാഗ്രഹികൾ ആകുന്നു പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നു സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനമെന്ന് പറഞ്ഞ് അവർ ജനത്തിന്റെ പുത്രിയുടെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു മ്ലേക്ഷത പ്രവർത്തിക്കുന്നതുകൊണ്ട് അവർ ലജ്ജിക്കേണ്ടിവരും അവർ ഒരിക്കലും ലജ്ജിച്ചിട്ടില്ല നാണം അറിഞ്ഞിട്ടുമില്ല അതുകൊണ്ട് വീടുന്നവരുടെ ഇടയിൽ അവർ വീണു അവരുടെ ദർശന അവർ ഇടറി വീഴുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു ഞാൻ അവരെ സംഹരിച്ചു കളയുമെന്ന് യഹോവയുടെ അരുളപ്പാട് മുന്തിരിവള്ളിയിൽ മുന്തിരിപ്പഴം ഉണ്ടാകയില്ല അത്തിവൃക്ഷത്തിൽ അത്തിപ്പഴം ഉണ്ടാകയില്ല ഇലയും വാടിപ്പോകും അവരെ ആക്രമിക്കുന്നവരെ ഞാൻ നിയമിച്ചിരിക്കുന്നു നാം അനങ്ങാതിരിക്കുന്നത് എന്ത് കൂടി നാം ഉറപ്പുള്ള പട്ടണങ്ങളിൽ ചെന്ന് അവിടെ നശിച്ചു പോക നാം യഹോവയോട് പാപം ചെയ്യുകൊണ്ട് നമ്മുടെ ദൈവമായ ഹോവ നമ്മെ നഞ്ചുവെള്ളം കുടിപ്പിച്ച് നശിപ്പിച്ചിരിക്കുന്നു നാം സമാധാനത്തിനായി കാത്തിരുന്നു എന്നാൽ ഒരു ഗുണവും വന്നില്ല രോഗശമനത്തിനായി കാത്തിരുന്നു എന്നാൽ ഇതാ ഭീതി അവന്റെ കുതിരകളുടെ ചിറാലിപ്പ് ദാനിൽ നിന്ന് കേൾക്കുന്നു അവന്റെ ആൺകുതിരകളുടെ മതഗർജനം കൊണ്ട് ദേശമൊക്കെയും വിറയ്ക്കുന്നു അവ വന്ന് അതിലുള്ള സകലത്തെയും നഗരത്തെയും അതിൽ വസിക്കുന്നവരെയും വിഴുങ്ങിക്കളയും ഞാൻ സർപ്പങ്ങളെയും മന്ത്രം ഫലിക്കാത്ത അണലുകളെയും നിങ്ങളുടെ ഇടയിൽ അയയ്ക്കും അവ നിങ്ങളെ കടിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട് അയ്യോ എന്റെ സങ്കടത്തിൽ എനിക്ക് ആശ്വാസം വന്നെങ്കിൽ കൊള്ളായിരുന്നു എന്റെ മനസ്സുവല്ലാതെ ഇരിക്കുന്നു കേട്ടോ ദൂരദേശത്തുനിന്ന് എന്റെ ജനത്തിന്റെ പുത്രി സിയോനിൽ യഹോവ വസിക്കുന്നില്ലയോ അവളുടെ രാജാവ് അവിടെ ഇല്ലയോ എന്ന് നിലവിളിക്കുന്നു അവർ തങ്ങളുടെ വിഗ്രഹങ്ങൾ കൊണ്ടും അന്യദേശങ്ങളിലെ മിഥ്യാമൂർത്തികൾ കൊണ്ടും എന്നെ കോപിപ്പിച്ചതെന്തിന് കൊയ്ത്ത് കഴിഞ്ഞു ഫലശേഖരവും കഴിഞ്ഞു നാം രക്ഷിക്കപ്പെട്ടതുമില്ല എന്റെ ജനത്തിൻ പുത്രിയുടെ മുറിവു നിമിത്തം ഞാനും ദുഃഖിച്ചു നടക്കുന്നു സ്തംഭനം എന്നെ പിടിച്ചിരിക്കുന്നു ഗലയാതിൽ സുഗന്ധ ഇല്ലയോ അവിടെ വൈദ്യനില്ലയോ എന്റെ ജനത്തിൻ പുത്രിക്ക് രോഗശമനം വരാതെ ഇരിക്കുന്നതെന്ത്